ം മുപ്പത്തി അഞ്ച് എലിയുഹു പിന്നെയും പറഞ്ഞത് എന്തെന്നാൽ എന്റെ നീതി ദൈവത്തിൻ്റെ ഇതിലും കവിയുമെന്ന് നീ പറയുന്നു അതിനാൽ നിനക്ക് എന്തു പ്രയോജനമെന്നും ഞാൻ പാപം ചെയ്യുന്നതിനേക്കാൾ അതുകൊണ്ട് എനിക്കെന്തുപകാരമെന്നും നീ ചോദിക്കുന്നുവല്ലോ നിന്നോടും നിന്നോട് കൂടെയുള്ള സ്നേഹിതന്മാരോടും ഞാൻ പ്രത്യുത്തരം പറയാം നീ ആകാശത്തേക്ക് നോക്കി കാണുക നിനക്ക് മീതയുള്ള മേഘങ്ങളെ ദർശിക്ക നീ പാപം ചെയ്യുന്നതിനാൽ അവനോട് എന്ത് പ്രവർത്തിക്കുന്നു നിന്റെ ലംഘനം പെരുകുന്നതിനാൽ നീ അവനോട് എന്തു ചെയ്യുന്നു നീ നീതിമാനായിരിക്കുന്നതിനാൽ അവന് എന്തു കൊടുക്കുന്നു അല്ലെങ്കിൽ അവൻ നിന്റെ കയ്യിൽ നിന്ന് എന്ത് പ്രാപിക്കുന്നു നിന്റെ ദുഷ്ടത നിന്നെപ്പോലെയുള്ള ഒരു പുരുഷനെയും നിന്റെ നീതി മനുഷ്യനെയും സംബന്ധിക്കുന്നു പീഠയുടെ പെരുപ്പം ഹേതുവായി അവർ അയ്യം വിളിക്കുന്നു മഹാന്മാരുടെ പുജൻ നിമിത്തം അവർ നിലവിളിക്കുന്നു എങ്കിലും രാത്രിയിൽ സ്ത്രോത്രഗീതങ്ങളെ നൽകുന്നവനും ഭൂമിയിലെ മൃഗങ്ങളെക്കാൾ നമ്മെ പഠിപ്പിക്കുന്നവനും ആകാശത്തിലെ പക്ഷികളെക്കാൾ നമ്മെ നാനികളാക്കുന്നവനുമായി എന്റെ സൃഷ്ടാവായ ദൈവം എവിടെയെന്ന് ഒരുത്തനും ചോദിക്കുന്നില്ല അവിടെ ദുഷ്ടന്മാരുടെ അഹങ്കാരം നിമിത്തം അവർ നിലവിളിക്കുന്നു എങ്കിലും ആരും ഉത്തരം പറയുന്നില്ല വ്യർത്ഥമായുള്ളത് ദൈവം കേൾക്കയില്ല സർവശക്തൻ അത് വിചാരിക്കുകയുമില്ല നിശ്ചയം പിന്നെ നീ അവനെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ വ്യവഹാരം അവന്റെ മുമ്പിൽ ഇരിക്കയാൽ നീ അവനായി കാത്തിരിക്കോ അവന്റെ കോപം സന്ദർശിക്കായി കൊണ്ടും അവൻ അഹങ്കാരത്തെ അധികം ഗണ്യമാക്കായിക വൃദ്ധ തന്റെ വായ് തുറക്കുന്നു അറിവുകൂടാതെ വാക്ക് വർദ്ധിപ്പിക്കുന്നു